ധ്യായം രണ്ട് സിയോനിൽ കാഹളമൂതുവീൻ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ടും അത് അടുത്തിരിക്കുന്നതുകൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ ഇരുട്ടും അന്ധകാരവുമുള്ളൊരു ദിവസം മേഘവും കൂരിരുട്ടുമുള്ളൊരു ദിവസം തന്നെ പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവുമുള്ളൊരു ജാതി അങ്ങനെയുള്ളത് പണ്ട് ഉണ്ടായിട്ടില്ല ഇനി മേലാൽ തലമുറ തലമുറയായുള്ള ആണ്ടുകളോളം ഉണ്ടാകുകയുമില്ല അവരുടെ മുമ്പിൽ തീ കത്തുന്നു അവരുടെ പിമ്പിൽ ജ്വാല ദഹിപ്പിക്കുന്നു അവരുടെ മുമ്പിൽ ദേശം ഏതൻ തോട്ടം പോലെയാകുന്നു അവരുടെ പിറകിലോ ശൂന്യമായുള്ള മരുഭൂമി അവരുടെ കയ്യിൽ നിന്ന് യാതൊന്നും ഒഴിഞ്ഞുപോകയില്ല അവരുടെ രൂപം കുതിരകളുടെ രൂപം പോലെ അവർ കുതിരച്ചേവകരെ പോലെ ഓടുന്നു അവർ പർവ്വത ശിഖരങ്ങളിൽ രഥങ്ങളുടെ മുഴക്കം പോലെ കുതിച്ച് ചാടുന്നു അഗ്നിജ്വാല താളടിയെ ദഹിപ്പിക്കുന്ന ശബ്ദം പോലെയും പടയ്ക്ക് നിരന്നു ശക്തിയുള്ള പടജനം പോലെയും തന്നെ അവരുടെ മുമ്പിൽ ജാതികൾ നടുങ്ങുന്നു സകല മുഖങ്ങളും വിളറിപ്പോകുന്നു അവർ വീരന്മാരെ പോലെ ഓടുന്നു പോലെ മതിൽ കയറുന്നു അവർ പാത വിട്ടുമാറാതെ താന്താന്റെ വഴിയിൽ നടക്കുന്നു അവർ തമ്മിൽ തിക്കാതെ താന്താന്റെ പാതയിൽ നേരെ നടക്കുന്നു അവർ മുറിവേൽക്കാതെ ആയുധങ്ങളുടെ ഇടയിൽ കൂടി ചാടുന്നു അവർ പട്ടണത്തിൽ ചാടിക്കടക്കുന്നു മതിലിന്മേൽ ഓടുന്നു വീടുകളിന്മേൽ കയറുന്നു കള്ളനെ പോലെ കിളിവാതിലുകളിൽ കൂടി കടക്കുന്നു അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു ആകാശം നടുങ്ങുന്നു സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകുന്നു നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു യഹോവ തന്റെ സൈന്യത്തിൻ മുമ്പിൽ മേഘനാദം കേൾപ്പിക്കുന്നു അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു അത് സഹിക്കാകുന്നവൻ ആർ എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരുവീനെന്ന് യഹോവിയുടെ അരുളപ്പാട് വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവീൻ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ളവനല്ലോ അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും നിങ്ങളുടെ ദൈവമായ ഹോവ വീണ്ടും അനുദപിച്ച് തനിക്ക് ഭോജനയാകവും പാനീയയാഗവുമായുള്ളൊരു അനുഗ്രഹം വെച്ചേക്കയില്ലയോ ആർക്കറിയാം സിയോനിൽ കാഹളമൂതുവീൻ ഒരു ഉപവാസം നിയമിപ്പീൻ സഭായോഗം വിളിപ്പീൻ ജനത്തെ കൂട്ടിവരുത്തുവിൻ സഭയെ വിശുദ്ധീകരിപ്പീൻ മൂപ്പന്മാരെ കൂട്ടിവരുത്തുവീൻ പൈതങ്ങളെയും മുല കുടിക്കുന്നവരെയും ഒരുമിച്ചു കൂട്ടുവീൻ മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തുവരട്ടെ യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ പൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യെ കരഞ്ഞുകൊണ്ട് യഹോവയെ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നയ്ക്ക് ഏൽപ്പിക്കരുതേ അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നതെന്തിന് എന്നിങ്ങനെ പറയട്ടെ അങ്ങനെ യഹോവ തന്റെ ദേശത്തിനുവേണ്ടി തീക്ഷ്ണത കാണിച്ച് തന്റെ ജനത്തെ ആദരിച്ചു യഹോവ തന്റെ ജനത്തിന് ഉത്തരമരുളിയത് ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും നിങ്ങളതിനാൽ തൃപ്തി പ്രാപിക്കും ഞാനിനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയുമില്ല വടക്കുനിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരണ്ടതും ശൂന്യവുമായൊരു ദേശത്തേക്ക് നീക്കി അവന്റെ മുൻപടയെ കിഴക്കേ കടലിലും അവന്റെ പിൻപടയെ പടിഞ്ഞാറേ കടലിലും ഇട്ടുകളയും അവൻ വമ്പു കാട്ടിയിരിക്കന്റെ ദുർഗന്ധം പൊങ്ങുകയും നാറ്റം കയറുകയും ചെയ്യും ദേശമേ ഭയപ്പെടേണ്ട ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കാം യഹോവ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു വയലിലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവെക്കുന്നു വൃക്ഷം ഫലം കായ്ക്കുന്നു അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവപുഷ്ടി നൽകുന്നു സിയോന്മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ ഈ ഹോവിയിൽ സന്തോഷിപ്പിയും അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു അവൻ മുമ്പെപ്പോലെ നിങ്ങൾക്ക് മുൻമഴയും പിൻമഴയുമായ വർഷം പെയ്ച്ചു തരുന്നു അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും ഞാൻ നിങ്ങളുടെ ഇടയിൽ അയശ്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്കുവേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു ഞാൻ ഇസ്രയേലിന്റെ നടുവിലുണ്ട് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങളറിയും എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ ആത്മാവിനെ പകരും ഞാൻ ആകാശത്തിലും ഭൂമിയിലും ഭുതങ്ങളെ കാണിക്കും രക്തവും തീയും പുകത്തൂണും തന്നെ യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും യഹോവ അരുളി സിയോൻ പർവ്വതത്തിലും എരുസിലേമിലും ഒരു രക്ഷിതഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും